ദൈവവചനത്തിൽ പല വാക്യങ്ങൾ നമുക്ക് വളരെ പ്രിയപ്പെട്ടതായിട്ടുണ്ട് പല അധ്യായങ്ങൾ നമുക്ക് വളരെ പ്രിയപ്പെട്ടതായിട്ടുണ്ട് നമുക്ക് പലപ്പോഴും ഞാൻ ഫിലിപ്പ്യലേഖനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഫിലിപ്പ്യലേഖനം എനിക്ക് വളരെ പ്രിയപ്പെട്ടതായിട്ട് പലപ്പോഴും തോന്നാറുണ്ട് ഫിലിപ്പ്യലേഖനത്തിലെ പല വാക്യങ്ങൾ നമ്മെ പലപ്പോഴും വെല്ലുവിളിക്കാറുണ്ട് ഫിലിപ്പ്യലേഖനം പൗലൂസ് ആണ് എഴുതിയത് പൗലൂസ് കാരാഗ്രഹത്തിൽ നിന്ന് എഴുതിയൊരു ലേഖനമാണ് ഫിലിപ്പ്യലേഖനം എന്ന് നമുക്കറിയാം കാരാഗ്രഹ ലേഖനങ്ങൾ എന്ന് പറഞ്ഞ് നാല് ലേഖനങ്ങളാണ് പൊതുവെ പറയ പറയപ്പെടുന്നത് ഈ കാരാഗ്രഹ ലേഖനങ്ങൾ എഫ് എ സി ലേഖനവും ഫിലിപ്പ്യ ലേഖനവും കൊലോസ്യ ലേഖനവും ഫിലമോന് എഴുതിയ ആ കത്ത്വാണ് കാരാഗ്രഹ ലേഖനങ്ങൾ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഫിലിപ്പ്യ ലേഖനത്തിലെ പല വാക്യങ്ങളും നമ്മെ സംബന്ധിച്ചോളം നമുക്ക് അതൊരു ശക്തി പകരുന്നതിൻ്റെ കാരണം ഇതൊരു പൗലൂസ് പറയുന്നൊരു തിയറി അല്ല താൻ ജയിലിലായിരിക്കുന്നു താൻ ചങ്ങലയിൽ കിടക്കുന്നു താൻ ചങ്ങലയിൽ ഒരു കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ പൗലൂസ് പറയുന്ന വാക്കുകൾക്ക് തൻ്റെ സാഹചര്യം എന്തായിക്കൊള്ളട്ടെ ആ സാഹചര്യങ്ങൾക്ക് അപ്പുറത്ത് പൗലൂസ് പറയുന്ന വാക്കുകൾക്ക് ഒരു ശക്തിയുണ്ട് പിശാജി വിചാരിച്ചു പൗലൂസിനെ ജയിലിലിട്ടൽ പൗലൂസ് ജയിലിൽ കിടന്ന് പൗലൂസിൻ്റെ ശുശ്രൂഷയൊന്നും പിന്നെ നടക്കുകയില്ല എന്നാണ് വിചാരിച്ചത് എന്നാൽ പൗലൂസിനെ ജയിലിലിട്ടപ്പോൾ ഇതാ നാല് ലേഖനങ്ങൾ ജയിലിൽ നിന്ന് പുറത്തേക്ക് വരുന്നു പത്രോസിന് ജയിലിലിട്ടപ്പോൾ ഇതാ ജയിലിൽ ദൈവം ഒരു അത്ഭുതം പ്രവർത്തിച്ച് അവിടെ കാര്യാഗ്രഹം തുറക്കുന്നു അവർ പലരുടെയും ജീവിതത്തിൽ അത് മാറ്റങ്ങൾ ഉളവാക്കുന്നു യോഹനൻ അപ്പസ്തുലിനെ പ പത്മോസിലേക്ക് കടത്തിയപ്പോൾ അവിടെ ഇതാ ദൈവത്തിൻ്റെ വെളിപ്പാട് യോഹനൻ അപ്പൊസ്വലിന് ലഭിക്കുകയും നമുക്ക് വെളിപ്പാട് പുസ്തകം നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നു ദൈവഭക്തന്മാരായ പലരെയും ഇതുപോലെ പിശാജ് വിചാരിച്ചു അവരെ തോൽപ്പിക്കാമെന്ന് വിചാരിച്ച് ജയിലിൽ ഇടുകയും അവരെ നാടുകടത്തുകയും ഒക്കെ ചെയ്തപ്പോൾ ജോൺ ബനിയനെ അവരെ പിടിച്ച് ജയിലിലിട്ടു ജോൺ ബെനിയനെ ജയിലിലിട്ടപ്പോൾ ജയിലിൽ നിന്ന് പുറത്തു വന്നതാണ് പരദേശി മോക്ഷയാത്ര ജയിലിൽ നിന്ന് ജോൺ ബെനിയൻ എഴുതി പരദേശി മോക്ഷയാത്ര എന്ന വളരെ മനോഹരമായ ആ പുസ്തകം നമ്മുടെ ജീവിതത്തിലും ബുദ്ധിമുട്ടുള്ള പ്രയാസമുള്ള സാഹചര്യങ്ങളിലേക്ക് ഒരുപക്ഷേ നാം തള്ളിവിടപ്പെട്ടേക്കാം നമ്മെ ജയിലിലിട്ടാൽ നമ്മെ ഇപ്രകാരം ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിലേക്ക് ഇട്ടാൽ പരദേശി മോക്ഷയാത്രയ്ക്ക് പകരം എന്താ പരദേശി മോക്ഷയാത്ര പോലെ ഒരു പുസ്തകം നമ്മുടെ മനസ്സിൽ നിന്ന് വരിക നമ്മുടെ വാക്കുകളിലൂടെ വരിക അതോ സ്വദേശിയുടെ കഥന കഥ എന്ന് പറഞ്ഞൊരു പുസ്തകം അല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ അയ്യോ എനിക്കിങ്ങനെ പറ്റിയല്ലോ നമ്മെ സംബന്ധിച്ചോളം നമ്മെ നമ്മുടെ ജീവിതത്തിൽ എത്ര അനുഗ്രഹിക്കപ്പെട്ട കാര്യങ്ങളാണ് നാം ദൈവവചനത്തിലൂടെ നാം കാണുന്നത് ഈ ഫിലിപ്പി ലേഖനത്തിൻ്റെ പല ഒന്നാം അധ്യായത്തിൽ പൗലോസ് തൻ്റെ വ്യക്തിപരമായ പല കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് എന്നൊരു നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അത് തികക്കും എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു അതുപോലെ താൻ ഒരു കാരാഗ്രഹത്തിലാണ് കിടക്കുന്നത് എന്ന് അവരെ ഓർമ്മിപ്പിക്കുന്നു ഞാൻ കാരാഗ്രഹത്തിലാണെങ്കിലും ഈ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് അവരോ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഫിലിപ്പയിലുള്ള വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ സ്നേഹം മേൽക്കുമേൽ നിങ്ങളുടെ നിങ്ങൾക്ക് വർദ്ധിക്കണം ഒമ്പതാം വാക്യം പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും നിങ്ങൾ വർദ്ധിച്ചു വരണം നിങ്ങൾക്ക് ഭേദാഭേദങ്ങളെ വിവേചിക്കുമാറാകണം ക്രിസ്തുവിൻ്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും ആയി നിങ്ങൾ മാറണം ദൈവത്തിൻ്റെ മഹത്വത്തിനും പുകഴ്ചിക്കുമായി യേശു ക്രിസ്തുവിനാൽ നീതിഫലം നിറഞ്ഞവരായി തീരണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ജയിലിൽ കിടക്കുമ്പോൾ പൗലോസിന് ഈ ഫിലിപ്പയിലുള്ള വിശ്വാസങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾ ആത്മീയമായിട്ട് വളരണം ആത്മീയമായിട്ട് നിങ്ങൾ ജയിലിൽ ഞാൻ കിടക്കുന്നു എൻ്റെ പ്രയാസങ്ങൾ പറയുകയല്ല നിങ്ങൾ എന്നെ വന്ന് കാണണമെന്ന് പറയുകയല്ല വളരെ അത്ഭുതം തോന്നുന്നത് പോലെ ഈ ലേഖനം ജയിലിൽ നിന്ന് എഴുതിയിട്ട് ഈ ഫിലിപ്പയിലുള്ള വിശ്വാസികൾക്ക് ഈ ലേഖനം കൊടുത്തയച്ചത് ആരുടെ കയ്യിലാണെന്ന് അറിയാമോ എഫ് ഫ്രോതിത്തസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ കയ്യിലാണിത് കൊടുത്തയച്ചത് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു അദ്ദേഹം രോഗിയായി കിടന്നു രോഗിയായി കിടന്ന് മരണത്തോളം രോഗിയായി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ താല്പര്യം ഇതാരും അറിയരുത് എൻ്റെ രോഗമൊന്നും ആരും അറിയണ്ട എന്ന് വിചാരിച്ചിരുന്ന ഒരു വ്യക്തി ആ വ്യക്തിയുടെ കയ്യിലാണ് കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ട് ഈ സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ ഒരു ലേഖനം എഴുതി പൗലോസ് ഫിലിപ്പയിലുള്ള വിശ്വാസികൾക്ക് കൊടുത്തയക്കുന്നു ഒന്നാം അധ്യായത്തിൽ തൻ്റെ വ്യക്തിപരമായ പല സാഹചര്യങ്ങളെക്കുറിച്ചും പറയുകയും ഞാൻ എൻ്റെ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ എപ്പോഴും കർത്താവിനെ ഇപ്പോഴും മഹിമപ്പെടുകയുള്ളൂ കർത്താവിൻ്റെ നാമം അതിനെക്കുറിച്ചൊക്കെയാണ് പൗലോസിൻ്റെ ചിന്ത രണ്ടാമധ്യായത്തിൽ നമുക്ക് പരിചയമുള്ള ക്രിസ്തുവിൻ്റെ താഴ്മയെക്കുറിച്ച് നമുക്ക് മുമ്പോട്ട് പോകേണ്ട ആ ഒരു മാർഗത്തെക്കുറിച്ച് നാം വായിക്കുന്നു മൂന്നാം അധ്യായത്തിൽ ക്രിസ്തുവിൻ്റെ പരിജ്ഞാനം പ്രാപിക്കുവാനുള്ള പൗലൂസിൻ്റെ ഒരു അപേക്ഷയാണ് ഞാൻ മുമ്പിലുള്ളത് മറന്ന് പിമ്പിലുള്ള ഐ പിമ്പിലുള്ളത് മറന്ന് മുമ്പിലുള്ളതിലേക്ക് ആഞ്ഞുകൊണ്ട് ഞാൻ വിരുതിലേക്ക് പോകുന്നു എന്ന് പൗലൂസ് പറയുന്നു നാലാം അധ്യായം നാലാം അധ്യായമാണ് ഞാൻ എൻ്റെ മനസ്സിൽ കൂടുതലായിട്ട് വന്നത് നാലാമദ്ധ്യായത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെയും പല പല വാക്യങ്ങൾ നാം പലപ്പോഴും നാം വായിക്കുകയും നാം സന്തോഷിക്കുകയും ചെയ്യുന്ന പല വാക്യങ്ങൾ ജയിലിൽ നിന്നുകൊണ്ട് ജയിലിൽ കിടന്നുകൊണ്ട് ഈ അന്നത്തെ കാരാഗ്രഹത്തിൽ ഏകദേശം എ ഡി അറുപതിനും അറുപത്തിരണ്ടിനും ഇടയിലുള്ള കാലഘട്ടത്തിലാണ് പൗലോസി ലേഖനം എഴുതിയത് കാരാഗൃഹത്തിൽ ആ കിടക്കുന്ന സാഹചര്യത്തിൽ ഇന്നുണ്ടാകുന്ന നല്ല കാരാഗ്രഹം പോലെയല്ല എലികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ട് കാല് കടിച്ച് മാംസം കടിച്ചു തിന്നുന്ന ആ പ്രത്യേക സാഹചര്യത്തിൽ നിന്നുകൊണ്ട് പൗലീസ് പറയുന്നു നമുക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള പല വാക്യങ്ങൾ അവിടെയുണ്ട് കർത്തവിലെപ്പോഴും സന്തോഷിക്കുകയും സകല ബുദ്ധിയും കഴിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവ് നിലവുകളിലും ക്രിസ്തീശുവിൽ കാക്കപ്പെടും എന്നൊക്കെയുള്ള ഈ വാക്യങ്ങൾ പല ആ രീതിയിലുള്ള വാക്യങ്ങൾ ഈ നാലാം അധ്യായത്തിലുമുണ്ട് ഈ നാലാം അധ്യായത്തിൽ എൻ്റെ വാക്യം നാം എപ്പോഴും വായിക്കുകയും നമ്പലം പ്രാപിക്കുകയും ചെയ്യുന്ന ഒരു വാക്യമാണ് i can do all things through him who strengthens me എന്ന ശക്തിനാക്കുന്നവനുമുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകും എന്ന ശക്തിനാക്കുന്നവനുമുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകും നമുക്ക് ഈ നാലാം അധ്യായത്തിലെ ഫിലിപ്പി ലേഖനത്തിന്റെ ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് എന്നെ ശക്തിനാക്കുന്നവനുമുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു എന്ന് പൗലൂസ് പറയുന്നു നമുക്ക് ഈ കാര്യം പലപ്പോഴും നമ്മുടെ ദൈവവചനത്തിലെ പല വാഗ്ദത്വങ്ങൾ അതിനെ അതിൻ്റെ കോണ്ടെക്സ്റ്റിൽ നിന്നല്ലാതെ അടർത്തിയെടുത്ത് പലരും നാം എപ്പോഴും ഉപയോഗിക്കാറുണ്ട് അത് പലപ്പോഴും എഴുതി വയ്ക്കുകയും ഒരു പഠിക്കാതെ പരീക്ഷയ്ക്കൊന്നും പഠിച്ചില്ല പരീക്ഷ വരുന്നു അപ്പോൾ എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിന് മതിയാകുന്നുവെന്ന് പറഞ്ഞ് പരീക്ഷ എഴുതാനായിട്ട് പോകുന്നു അല്ലെങ്കിൽ ദൈവത്തിന് മനുഷ്യനാൽ അസാധ്യം ദൈവത്താൽ സാധ്യം എന്ന് നമ്മൾ പറയും പക്ഷേ ഈ വാക്യങ്ങൾക്കൊക്കെ ഒരു കോണ്ടക്സ്റ്റ് ഉണ്ട് തീർച്ചയായും ദൈവം നമ്മുടെ ഭൗതികമായ കാര്യങ്ങളിൽ നമ്മുടെ പരീക്ഷയിൽ നമ്മുടെ മറ്റ് ജോലിസ്ഥലത്ത് നമ്മുടെ ഭൗതികമായ നമ്മുടെ രോഗങ്ങളിൽ നമ്മുടെ പ്രയാസങ്ങളിലൊക്കെ ദൈവം നമ്മെ ശക്തീകരിക്കുകയും ആ കാര്യങ്ങളിലൊക്കെ നമുക്ക് ദൈവത്തിൽ ആശ്രയിച്ച് മാത്രമാണ് മുമ്പോട്ട് പോകുവാനായിട്ട് കഴിയുക എന്നാൽ ഇവിടെ ഈ നാലാമധ്യായം ഫിലിപ്പ്യലേഖനത്തിൻ്റെ നാലാമധ്യായത്തിൽ ഈ നേരത്തെ നമ്മൾ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നാം നോക്കുകയാണെങ്കിൽ നമുക്ക് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലത്തിനും മതിയാകുന്നു എന്ന് ന പറയുമ്പോൾ അവിടെ പറയുന്ന ക്രിസ്തീയ ജീവിതത്തിന് ആവശ്യമായ പല കാര്യങ്ങൾ ഈ നാലാം അധ്യായത്തിൽ ഉണ്ട് ഒന്നാമത് അവിടെ അവിടെ നാം വായിക്കുന്നത് കർത്താവിന് അവിടുന്ന് പറയുന്നത് നാലാം വാക്യം നാലാം അധ്യായത്തിൻ്റെ നാലാം വാക്യത്തിൽ പൗലോസ് പറയുന്നു കർത്താവിലെപ്പോഴും സന്തോഷിക്കുകയും സന്തോഷിക്കുകയും എന്ന് ഞാൻ പിന്നെയും പറയുന്നു ഞാൻ വീണ്ടും പറയുന്നു കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവിൻ സന്തോഷിക്കുവീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ നോക്കിക്കൊണ്ട് വേറെ ഞാൻ എങ്ങനെയാണ് ഈ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് ഞാൻ സന്തോഷിക്കുക ഈ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് എനിക്ക് എങ്ങനെയാണ് എൻ്റെ ഉള്ളിൽ ഒരു സന്തോഷം അനുഭവിക്കുവാനായിട്ട് കഴിയുക അപ്പോൾ നമ്മളിപ്പോൾ പറയുന്നതിന് മുമ്പ് പോലീസ് പറയും സഹോദര സൗദരി ഞാൻ ജയിലിൽ നിന്നാണ് ഇത് കൊണ്ടുവരുന്ന എഫ് എഫ്സ് പറയും ഞാനിത് മരണത്തിൻ്റെ വക്കോളം ഞാൻ രോഗിയായി കിടന്നു ഇതാ ഞാൻ പൗലോസിന്റെ ലേഖനവുമായി നിങ്ങളുടെ അടുക്കലേക്ക് വരുന്നു അപ്പൊ നമുക്ക് അപ്പൊ എന്താ പറയേണ്ടത് നമ്മൾ പറയേണ്ടത് എനിക്ക് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് എല്ലാ സാഹചര്യങ്ങളിലും സന്തോഷിക്കുവാൻ കഴിയും അപ്പൊ നമുക്ക് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്ന് പറയുമ്പോൾ എന്നെ ശക്തനാക്കുന്നവന് മുഖാന്തരം എൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യം ഇന്ന് എനിക്ക് മനസ്സിലാകാൻ കഴിയാത്ത ബുദ്ധിമുട്ടുള്ള ആശങ്കകൾ നിറഞ്ഞ പ്രയാസവും ബുദ്ധിമുട്ടുമുള്ള ഈ സാഹചര്യത്തിന്റെ മധ്യത്തിലും എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം എനിക്കിവിടെ എൻ്റെ ഉള്ളത്തിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ എനിക്ക് ആയിരിക്കുവാനായിട്ട് കഴിയും എന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയുമോ പൗലൂസ് തൻ്റെ ജീവിതത്തിന് അനുഭവത്തിൽ എന്ന് പറയുന്നു നമുക്ക് നമ്മുടെയൊക്കെ ജീവിത സാഹചര്യങ്ങൾ പ്രിയ സൗരസവന്മാരെ പല വേദനാജനകമായ പ്രയാസമുള്ള ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളുടെ മധ്യത്തിൽ ദൈവത്തിൻ്റെ കരം നാം കണ്ടില്ലേ ദൈവം നമ്മെ ഇത്രത്തോളം താങ്ങിയില്ലേ നാം താളടിയായി പോകുമെന്ന് വിചാരിച്ചിരുന്ന സാഹചര്യങ്ങളുടെ മധ്യത്തിൽ ദൈവം നമ്മോട് കൂടെ ഇരുന്ന് ഞാൻ നിനക്ക് മതിയായവനാണ് എന്ന് പറഞ്ഞ് നമ്മൾ ഇത്രത്തോളം നടത്തിയില്ലേ ഓ നമുക്ക് തിരിഞ്ഞു നോക്കി കർത്താവിനോട് പറയാം കർത്താവേ ഇന്നും എനിക്ക് ഇന്ന് ആശങ്കകൾ വരുമ്പോൾ എനിക്ക് സന്തോഷം നഷ്ടമായി ഞാൻ നിരാശയുമായി പരാതിയുമായി ഞാൻ നിൽക്കുമ്പോൾ ഞാൻ പറയും കർത്താവേ അങ്ങയുടെ വചനം ഇപ്രകാരം പറയുന്നു എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകും മതിയാകുന്നു ഈ സാഹചര്യത്തിലും എന്നെ ശക്തനാക്കുന്ന അങ്ങ് എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് എനിക്കിവിടെ കർത്താവിൽ സന്തോഷിക്കുവാനായിട്ട് കഴിയും അപ്പോൾ നമ്മുടെ എന്ത് ജീവിത സാഹചര്യങ്ങളാണെങ്കിലും നമുക്ക് അങ്ങനെ നോക്കി ആ എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം എന്നുള്ളത് ഈ ജീവിതത്തിൻ്റെ പ്രായോഗികമായ സാഹചര്യത്തിലേക്ക് നമുക്ക് കൊണ്ടുവരുവാനായിട്ട് കഴിയും അതുപോലെ അതിൻ്റെ തൊട്ടടുത്ത് നമുക്കിങ്ങനെ സന്തോഷത്തിന് നമുക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത് എന്താണ് പലപ്പോഴും അവിടെ പോലീസ് ആ ലേഖനം എഴുതുമ്പോൾ അവിടെ പറയുന്നു അവിടെ രണ്ട് സഹോദരിമാർ ഈ രണ്ട് സഹോദരിമാർക്ക് ഇപ്പോൾ സന്തോഷനഷ്ടമായി അവരുടെ പേരെന്താണ് സഹോദരിമാരുടെ പേര് യുവതി സുന്ദുക്ക നമുക്ക് അവരുടെ ആ നാട്ടിലെ പേരുകളാണ് യുവദ്യ സുന്ദുക്ക അങ്ങനെയാണ് മലയാളത്തിൽ എഴുതി എഴുതിയിരിക്കുന്നത് യോഡിയ യോഡിയ ആൻഡ് സിൻഡക്കി ഇവർക്ക് ഇവര് ഒരുപക്ഷെ സൺഡേ സ്കൂൾ ടീച്ചേഴ്സായിരിക്കും അല്ലെങ്കിൽ പിന്നെ ചർച്ചിലെ മറ്റെന്തെങ്കിലും ആൾക്കാരായിരിക്കും കാര്യം പൗലൂസ് പറയുന്നത് എൻ്റെ കൂട്ട് അവരും സഹപ്രവർത്തകർ അവരും പൗലൂസിനോടൊപ്പം ആത്മീകമായ കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് പക്ഷേ അങ്ങനെയാണെങ്കിലും നമ്മുടെ രണ്ട് സഹോദരിമാർക്ക് തമ്മിൽ നല്ല ചേർച്ചയില്ല അവർക്ക് എന്തോ എന്തെങ്കിലും ഒരു കാര്യമായിരിക്കും ആ മറ്റേ സഹോദരി ചെയ്തത് ചെയ്ത രീതി ഈ സഹോദരിക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പോഴത്തേക്ക് ഉള്ളിൽ എന്തോ ഒരു ഒരു പ്രയാസം സന്തോഷം പോയി അപ്പോൾ സന്തോഷം പോയപ്പോൾ പോലീസ് പറയുന്നു അങ്ങനെയല്ല കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ നമ്മളുടെ നികളമോ നമ്മളുടെ ഈർഷ്യോ നമ്മുടെ പിണക്കമോ ഒന്നും ഈ രീതിയിൽ വന്ന് നമുക്ക് കർത്താവിലുള്ള സന്തോഷം നഷ്ടപ്പെടുവാനായിട്ട് നിങ്ങൾ അനുവദിക്കരുത് അത് ഭാര്യയും ഭർത്താവുമായിരിക്കാം അമ്മായിയമ്മയും മരുമോളുമായിരിക്കാം അതിൻ്റെ മധ്യത്തിലും നമുക്ക് എന്താ പറയാനായിട്ട് പറ്റുക എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു കർത്താവെ എൻ്റെ ഈ പ്രത്യേക സാഹചര്യത്തിൻ്റെ മധ്യത്തിൽ എൻ്റെ ഈ പ്രത്യേക പ്രശ്നത്തിൻ്റെ മധ്യത്തിൽ കർത്താവെ എൻ്റെ സന്തോഷം നഷ്ടമാകുന്നു എനിക്ക് എനിക്ക് ഉള്ളിൽ നിന്ന് മറ്റ് പല കാര്യങ്ങൾ പൊങ്ങി വരുന്നു എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു എന്ന് നമുക്ക് പറയുകയും അത് നമുക്ക് വിശ്വാസത്തോടെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ഏറ്റെടുക്കുകയും ചെയ്യണം അതുപോലെ ആറാം വാക്യം ത്തിൽ പറയുന്നത് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക എത്ര വേണ്ടത് എന്നാൽ സകലബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശ്വങ്കിൽ കാക്കും എന്ന് ആ ദൈവചനം പറയുന്നു അപ്പോൾ നമുക്ക് പറയാനായിട്ട് കഴിയുമോ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എൻ്റെ ഹൃദയം എപ്പോഴും സമാധാനത്തിൽ സൂക്ഷിക്കുവാൻ എനിക്ക് കഴിയും എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എൻ്റെ ഹൃദയത്തിൽ ആകാംക്ഷകളും പ്രയാസങ്ങളും പൊങ്ങി വരുന്ന സമയത്ത് എനിക്ക് അത് ദൈവത്തിങ്കിലേക്ക് കൊണ്ട് കൊടുത്ത് അത് ദൈവത്തോട് അങ്ങനെ വിചാരം വരുമ്പോൾ വിചാരം വരാം പലതരത്തിലുള്ള ആശങ്കകൾ പലതരത്തിലുള്ള സംശയങ്ങൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ നോക്കി ഡോക്ടറിൻ്റെ അടുത്ത് പോകുമ്പോൾ ഡോക്ടറ് പറയുന്നു ഇന്നതാ ഇന്ന പ്രശ്നമുണ്ട് ഉടനെ നമ്മളാകെ ആശങ്കപ്പെടും അല്ലെങ്കിൽ നമ്മുടെ പരീക്ഷ റിസൾട്ട് ചിലരൊക്കെ ഇപ്പോൾ റിസൾട്ടിന് വേണ്ടി കാത്ത് ഇപ്പോൾ റിസൾട്ട് വരും ഇപ്പോൾ റിസൾട്ട് വരും ആകെ ടെൻഷനിലാണ് അപ്പോൾ ഈ ആശങ്കകളും വിചാരങ്ങളും ഹൃദയത്തിൽ ഇങ്ങനെ പൊങ്ങി വരുന്ന സമയത്ത് ആ സമയത്ത് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ പലതരത്തിലുള്ള ജീവിതത്തിലെ സാഹചര്യങ്ങളുടെ മധ്യത്തിൽ നാം ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എന്ന് ദൈവവചനം പറയുന്നു ആ കാര്യം ദൈവത്തോട് പ്രാർത്ഥനയോലും അപേക്ഷയാലും ദൈവത്തോട് അറിയിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ആകെ ഭാര്യത്തോടു കൂടെ അല്ല അറിയിക്കേണ്ടത് സ്ത്രോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക കർത്താവേ നീ എല്ലാറ്റിൻ്റെ മേലെ നിയന്ത്രണമുള്ളവനാണ് അങ്ങ് എന്നെ സ്നേഹിക്കുന്ന നല്ല പിതാവാണ് അങ്ങ് എല്ലാറ്റിനെയും അറിയുന്നവനാണ് എൻ്റെ ജീവിതത്തിലെല്ലാം നന്മയ്ക്കായി ചെയ്യുന്നവനാണ് ആ ദൈവത്തോട് അറിയിക്കുക അറിയിച്ചാൽ സകല ബുദ്ധിയേയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശുവെങ്കിൽ കാക്കും അപ്പോൾ നമുക്ക് പറയുവാനായിട്ട് കഴിയുമോ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ ഏതുമായിക്കൊള്ളട്ടെ അതിൻ്റെ മധ്യത്തിൽ എൻ്റെ ഹൃദയത്തെ സമാധാനത്തിൽ കാക്കുവാൻ എനിക്ക് അപേക്ഷകൾ സ്തോത്രത്തോടെ ദൈവത്തെ അറിയിച്ച് എനിക്ക് എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം എനിക്കത് മതിയാകും മതിയായതാണ് കർത്താവ് എനിക്കത് മതിയായതാണ് എന്നെ എനിക്ക് എൻ്റെ ഹൃദയത്തെ സമാധാനത്തിൽ സൂക്ഷിക്കുവാൻ കർത്താവിന് കഴിയും നമുക്ക് ആ രീതിയിൽ നമുക്ക് ഈ വചനങ്ങളെ നാം അപ്രോച്ച് ചെയ്താലോ പൗലൂസ് പറയുമ്പോൾ പൗലൂസിൻ്റെ വാക്കുകൾക്ക് ശക്തിയുണ്ട് നമ്മിൽ പലരും നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ നാം ആശ്വാസം അനുഭവിച്ചവരാണ് ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങൾ ഒരുപക്ഷേ എനിക്കറിയില്ല നിങ്ങളുടെ ഇവിടെ ഉള്ള ആര് കടന്നു തീവ്രമായ ഒരു ജീവിത ഞങ്ങൾ കടന്നുപോയതാണ് നമ്മുടെ ഒരു സ്വന്തം മകളുടെ വേർപാട് എന്ന് പറയുമ്പോൾ അത് അതും തീവ്രമായ രോഗക്കിടക്കയിൽ വേദനയുടെ മധ്യത്തിൽ അവിടെ അനേകരുടെ പ്രാർത്ഥനയാൽ ഞങ്ങൾക്ക് ദൈവസമാധാനം അനുഭവിക്കാനായിട്ട് കഴിഞ്ഞു ഈ അപ്പം എനിക്ക് എൻ്റെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ആ അനുഭവത്തിൽ നിന്നുകൊണ്ട് പറയാനായിട്ട് കഴിയും എന്നെ ശക്തനാക്കുന്നവരു മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്നെ ശക്തനാക്കുന്നവരു മുഖാന്തരം നമ്മുടെ തീവ്രമായ വേദനയുടെ മധ്യത്തിൽ തീവ്രമായ പ്രസാ മധ്യത്തിൽ ബുദ്ധിമുട്ടിൻ്റെ പ്രയാ മനസ്സിലാകാത്ത സാഹചര്യങ്ങളുടെ മധ്യത്തിൽ നമ്മുടെ ഹൃദയത്തെ സമാധാനത്തിൽ സൂക്ഷിക്കുവാൻ ദൈവത്തിന് കഴിയും നമുക്കങ്ങനെ നമുക്ക് ഈ കാര്യങ്ങളെ വിശ്വസിക്കാനായിട്ട് കഴിയുമോ അങ്ങനെ നമ്മൾ ചിന്തിച്ചാൽ നമ്മുടെ ഒത്തിരി ഇന്നത്തെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് കൊതുകാടി പോലെ തോന്നും കർത്താവേ അങ്ങ് മതി അങ്ങ് ഉണ്ടെങ്കിൽ അത് മതിയായതാണ് അതുപോലെ നമ്മൾ അപ്പോൾ നമുക്ക് പറയാനായിട്ട് കഴിയും എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം എനിക്ക് വിചാരങ്ങളെ ജയിക്കുവാനായിട്ട് കഴിയും എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഐ ക്യാൻ ഓർക്കും ആസൈറ്റി എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും അതുപോലെ എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം എനിക്ക് ദൈവസമാധാനം എൻ്റെ ഹൃദയത്തിൽ അനുഭവിക്കുവാനായിട്ട് കഴിയും എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം എന്ത് സാഹചര്യം ആയിക്കൊള്ളട്ടെ എനിക്ക് ദൈവസമാധാനം എൻ്റെ ഹൃദയത്തിൽ അനുഭവിക്കുവാനായിട്ട് കഴിയും അതുപോലെ നമുക്ക് അവിടെ വീണ്ടും അവിടെ പറയുന്നത് പോലൂസ് പറയുന്നു പതിനൊന്നാം വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ ഉള്ള അവസ്ഥയിൽ പതിനൊന്നാം വാക്യത്തിൻ്റെ രണ്ടാം ഭാഗം മുതൽ ഉള്ള അവസ്ഥയിൽ തൃപ്തിയോടെ ഇരിക്കുവാൻ ഞാൻ പഠിച്ചിട്ടുണ്ട് ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടെ ഇരിക്കാൻ എന്ന് പറഞ്ഞാൽ തൃപ്തിയോടെ ഇരിക്കാൻ ഞാൻ പഠിച്ചിട്ടുണ്ട് താഴ്ചയിലിരിക്കുവാനും സമൃദ്ധിയിലിരിക്കുവാനും എനിക്കറിയാം തൃപ്തനായിരിക്കുവാനും വിശന്നിരിക്കുവാനും സമൃദ്ധിയിലിരിക്കുവാനും ബുദ്ധിമുട്ട് അനുഭവിക്കുവാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ശരിക്കും പൗലൂസ് പറയുന്നത് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു അപ്പം എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്കിപ്പോൾ താഴ്ചയാണോ എനിക്കിപ്പോൾ ഇല്ലായ്മയാണോ എനിക്കിപ്പം കുറവുകളാണ് എനിക്കിപ്പം ബുദ്ധിമുട്ടാണ് എനിക്ക് പ്രയാസമാണ് പക്ഷെ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഈ സാഹചര്യത്തിലൂടെ കടന്നു കർത്താവ് എന്നെ സഹായിക്കും എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം അവിടുന്ന് മതിയായവനാണ് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്നാണ് പോലീസ് പറയുന്നത് അപ്പം അതുകൊണ്ട് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും ഐ ക്യാൻ എക്സ്പീരിയൻസ് ഐ ക്യാൻ ലിവ് വിത്ത് കണ്ടെന്റ്മെന്റ് അല്ലേ എനിക്ക് ഏത് സാഹചര്യത്തിലും എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഐ ക്യാൻ ലിവ് വിത്ത് കണ്ടെന്റ്മെന്റ് തൃപ്തിയോടെ എനിക്ക് മുമ്പോട്ട് പോകുവാനായിട്ട് കഴിയും കർത്താവിന് നമ്മെ അപ്രകാരം സഹായിക്കുവാനായിട്ട് കഴിയും കർത്താവിന് അപ്രകാരം നമ്മെ ശക്തീകരിക്കുവാനായിട്ട് കഴിയും ഈ നാലാം അധ്യായം തുടങ്ങുമ്പോൾ പൗലൂസ് ഇത് എഴുതുമ്പോൾ പൗലൂസ് പറയുന്നത് ഇങ്ങനെ കർത്താവിൽ നിലനിൽക്കുവീൻ എന്നാണ് പൗലൂസ് പറയുന്നത് നമ്മൾ ഒന്നാം അധ്യായത്തിൽ തുടങ്ങിയപ്പോൾ നമ്മൾ പറഞ്ഞു ആത്മീയ വളർച്ചയെക്കുറിച്ചാണ് പൗലൂസ് പ്രാർത്ഥിക്കുന്നത് ഇവിടെ നാലാം അധ്യായം തുടങ്ങിയപ്പോൾ പൗലൂസ് പറയുന്നത് സ്റ്റാൻഡ് ഫേം in this way stand firm in the lord kartavil ningal urappode nilku appo kartavil nammal urappode nilkanadengil namme samasolum inganeyulla jeevida sahayringalude kadannu poyumbo nammal endha cheyendathu namukku namukku kartavil enne shaktinakunavana mukhandram ee sahayringalude kadannu poguvaneitte kali adu kazhinne nammal avade adinte totu munbu oru vakiyam kooda nammal nokkuyanengil ettam vakiyam nokka എട്ടാംക്യം എട്ടും ഒമ്പതും വാക്യത്തിൽ പറയുന്നത് ഒടുവിൽ സഹോദരന്മാരെ സത്യമായതൊക്കെയും ഖനമായതൊക്കെ നീതിയായതൊക്കെ നിർമ്മലമായതൊക്കെ രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സദ്ഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചു കൊള്ളുവിൻ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിച്ചു നിങ്ങൾ നിർമ്മലമായത് ചിന്തിച്ചു കൊള്ളുവിൻ ഖനമായത് ചിന്തിച്ചു കൊള്ളുവിൻ നീതിയായത് ചിന്തിച്ചു കൊള്ളുവീൻ രമ്യമായത് നിങ്ങൾ ചിന്തിച്ചു കൊള്ളുവീൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയാനായിട്ട് പറ്റുക കർത്താവെ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എന്റെ ചിന്താ എനിക്ക് ജയമുള്ള ഒരു ജീവിതം ജീവിക്കാനായിട്ട് കഴിയും എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ എൻ്റെ ചിന്തയിൽ ഞാൻ തോൽപ്പിക്കപ്പെട്ട മുമ്പോട്ട് പോകേണ്ട ആവശ്യമില്ല എൻ്റെ ചിന്തകൾ എനിക്ക് എന്നെ ശക്തനാക്കുന്ന എൻ്റെ സ്വന്തം കഴിവുകൊണ്ട് സാധ്യമല്ല എൻ്റെ ചിന്തകളിൽ ആകുലങ്ങളില്ലാതെ എൻ്റെ ചിന്തകളിൽ രമ്യമായത് ചിന്തിച്ചുകൊണ്ട് എൻ്റെ ചിന് ചിന്തകളിൽ ശുദ്ധമായത് ചിന്തിച്ചുകൊണ്ട് എൻ്റെ എൻ്റെ ചിന്തകളിൽ നിർമ്മലമായത് ചിന്തിച്ചുകൊണ്ട് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് ഇരിക്കുവാനായിട്ട് കഴിയും നമുക്ക് ഇപ്രകാരമുള്ള ഒരു വിശ്വാസത്തിൻ്റെ ആത്മാവ് യോശുവായും കാലേബും അവർക്കതായിരുന്നു ഉണ്ടായിരുന്നത് മല്ലന്മാരെ കണ്ട് അവരെല്ലാം ഞങ്ങളെ വിഴുങ്ങിക്കളയും അവർ ഗോ വലിയ മല്ലന്മാരാണ് എന്ന് പറഞ്ഞ് പേടിച്ചു വന്നപ്പോൾ യോശുവായും കാലേബും അവർ പറഞ്ഞു ഞങ്ങളുടെ ദൈവത്താൽ ഞങ്ങൾ അവരെ കീഴടക്കും ഞങ്ങളുടെ ദൈവത്താൽ ഞങ്ങൾക്ക് അവയെ ജയിക്കുവാനായിട്ട് കഴിയും നമുക്കും നമ്മുടെ ഉള്ളത്തിലേക്ക് നമുക്ക് നിയന്ത്രണമില്ലാത്ത രീതിയിൽ കടന്നു വരുന്ന ചിന്തകൾ നമ്മെ കീഴ്പ്പെടുത്തുമ്പോൾ നമുക്ക് പറയാനായിട്ട് കഴിയുമോ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു കർത്താവ് തന്നെ സഹായിക്കും കർത്താവിനെ വിടുവയ്ക്കും അതുപോലെ നമ്മുടെ ഒത്തിരി സാമ്പത്തികമായ ആവശ്യങ്ങൾ നമ്മുടെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ നമുക്ക് പെട്ടെന്ന് ഇന്നത്തെ വളരെ അസ്ഥിരമായ ഈ ലോകത്തിൽ പെട്ടെന്ന് ജോലി നഷ്ടപ്പെടുന്നു എനിക്ക് ബാംഗ്ലൂർ സഹോദരനെ അറിയാം പല സഹോദരന്മാർ ബാംഗ്ലൂർ ഒരു സഹോദരൻ അദ്ദേഹത്തിന് ഒരു വർഷമായിട്ട് ജോലിയില്ലായിരുന്നു ജോലിയില്ല പെട്ടെന്ന് ജോലി പോയി അത് കഴിഞ്ഞാൽ അദ്ദേഹം അങ്ങനെ സമാധാനത്തിൽ മുമ്പോട്ട് പോയി ഒരു വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ജോലി കിട്ടി വേറെ ഒരു സഹോദരൻ വലിയ ഒരു ഉദ്യോഗസ്ഥന് വലിയ ഒരു സ്ഥാനത്തിരിക്കുന്ന വ്യക്തി അദ്ദേഹത്തിന് ജോലി പോയി രണ്ട് വർഷമായിട്ട് ജോലിയില്ല ഇപ്പോൾ പക്ഷേ ദൈവത്തിൽ ട്രസ്റ്റ് ചെയ്ത് വളരെ സന്തോഷത്തോടെ സമാധാനമായിട്ട് അദ്ദേഹം മുമ്പോട്ട് പോകുന്നു അപ്പോൾ നമുക്ക് പറയാനായിട്ട് കഴിയുമോ ഇവിടെ പോലൂസ് പൗലൂസ് പറയുന്നത് അവിടെ പറയുന്നു എൻ്റെ പത്തൊമ്പതാം വാക്യം പത്തൊൻപതാം വാക്യത്തിൽ അവിടെ പറയുന്നു എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശ്വിൽ പൂർണമായി തീർത്ത് തരും എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശ്വിൽ പൂർണമായി തീർത്ത് തരും അപ്പോൾ നമുക്ക് അങ്ങനെ ദൈവത്തിൽ ആശ്രയിക്കാനായിട്ട് കഴിയുമോ എന്നെ ശക്തനാക്കുന്നവന് മുഖാന്തരം ഐ ക്യാൻ ട്രസ്റ്റ് ഗാഡ് ഫോർ ഓൾ മൈ നീഡ്സ് എൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് ദൈവത്തിൽ ആശ്രയിക്കുവാനായിട്ട് കഴിയും നമുക്ക് എത്ര ഉറപ്പും എത്ര ധൈര്യവും നൽകുന്ന പല കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വാക്യം അത് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളും നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുകയാണെങ്കിൽ എന്നെ ശക്തനാക്കുന്നവന് മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാവും അതും അല്ലാതെ നമുക്ക് ഈ നാലാം അധ്യായത്തിൻ്റെ ഒമ്പതാം വാക്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒമ്പതാം വാക്യത്തിൽ പറയുന്നത് എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിക്കുകയും എന്നാൽ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളോട് കൂടെയിരിക്കും പൗലൂസ് പറയുന്നത് പൗലൂസിന് ഇത് തൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവമാണ് എന്നിട്ട് പൗലൂസ് പറയുന്നു എന്നോട് പഠിച്ചും എന്നോട് ഗ്രഹിച്ചും നിങ്ങൾ കേട്ടും നിങ്ങൾ കണ്ടും ഉള്ളത് അത് നിങ്ങൾ പ്രവർത്തിക്കുകയും എന്ന് പറയുമ്പോൾ പൗലോസ് എന്താ മറ്റുള്ളവർക്ക് പൗലോസ് തൻ്റെ ജീവിതം ഒരു മാതൃകയാക്കുക പൗലോസിന് തൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു മാതൃകയാക്കുവാനായിട്ട് കഴിഞ്ഞു നമ്മെ സംബന്ധിച്ചോളം പ്രിയ ചെറുപ്പക്കാരെ മുതിർന്നവരെ നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് ഒരുപക്ഷെ നിങ്ങൾ ചെറുപ്പക്കാരായിരിക്കാം ചെറുപ്പക്കാരായിരിക്കുമ്പോൾ നിങ്ങളുടെ താഴെയുള്ള മറ്റ് കുഞ്ഞുങ്ങളുണ്ട് നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് നിങ്ങളുടെ നിലപാടുകൾ നിങ്ങളുടെ തീരുമാനങ്ങൾ നിങ്ങളുടെ ഓരോ സാഹചര്യങ്ങളും നിങ്ങളുടെ പെരുമാറ്റം അതിലൂടെ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഒരു മാതൃകയാക്കുക ആകുവാനായിട്ട് കഴിയും നമ്മുടെ ഓരോ സാഹചര്യങ്ങളിലെ നമ്മുടെ പെരുമാറ്റത്തിലൂടെ റിയാക്ഷനിലൂടെ നമ്മുടെ ആക്ഷനിലൂടെ നമുക്ക് മറ്റുള്ളവർക്ക് ഒരു എക്സാമ്പിളായി തീരുവാനായിട്ട് കഴിയും അതെങ്ങനെ കഴിയും ബ്രദർ അതെങ്ങനെ കഴിയും അത് അത് ചിലർക്ക് വേണ്ടിയുള്ള പ്രത്യേകമുള്ള ചില റെസ്പോൺസിബിലിറ്റി അല്ലേ അല്ലെങ്കിൽ ആരെങ്കിലും അത് ഞാനൊരു ചർച്ചിലെ എൽഡറൊന്നും അല്ലല്ലോ ഞാൻ ആരുമല്ലോ പക്ഷേ നിങ്ങൾക്ക് പറയാനായിട്ട് കഴിയുമോ എന്നെ ശക്തനാക്കുന്നവർ മുഖാന്തരം എന്നെ ശക്തനാക്കുന്നവന് മുഖാന്തരം അത് മതിയായതാണ് എനിക്ക് എൻ്റെ ഈ കൊച്ചു ജീവിതം മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമുള്ള ജീവിതമായി മറ്റുള്ളവർക്ക് ഒരു മാതൃകയുള്ളൊരു ജീവിതമായി മാറുവാനായിട്ട് കഴിയും എന്നെ ശക്തനാക്കുന്നവു മുഖാന്തരം അത് സാധ്യമാണ് നമുക്ക് ഈ ഒരു വിശ്വാസത്തിൻ്റെ ആത്മാവ് പൗലോസ് ഇത്രയും ബുദ്ധിമുട്ടുള്ള കാരാഗ്രഹത്തിൽ നിന്നുകൊണ്ട് ഇത് പറയുന്നു നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം കുറേശ്ശെ അനുഭവിച്ചിട്ടുണ്ട് എന്നാൽ അതിൻ്റെ മധ്യത്തിൽ നമുക്ക് നമ്മുടെ പരാതിക്ക് പകരം നമുക്ക് ദൈവത്തോട് സ്തുതിയും സ്തോത്രവും നമ്മളിന്ന് മനോഹരമായ പാട്ടുകൾ നാം പാടുകയുണ്ടായി നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിലേക്ക് അപ്ലൈ ചെയ്ത് പൗലൂസ് ആഗ്രഹിക്കുന്നത് പോലെ തുടർന്ന് പ്രാർത്ഥിച്ചതുപോലെ നമുക്ക് ആത്മീകമായി അഭിവൃദ്ധിയുള്ളവരായി നാം ക്രിസ്തുവിൽ നിലനിൽക്കുന്നവരായി നമുക്കെന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം നമ്മളിപ്പോൾ പല കാര്യങ്ങൾ ചിന്തിച്ചു എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഐ ക്യാൻ റിജോയ്സ് ഇൻ ദ ലോഡ് ഓൾവേസ് എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം എനിക്ക് എപ്പോഴും കർത്താവിൽ സന്തോഷിക്കുവാനായിട്ട് കഴിയും എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഐ ക്യാൻ ഓവർകം ആൻസൈറ്റി എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് ആകാംക്ഷയെ ജയിക്കുവാനായിട്ട് കഴിയും എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഐ ക്യാൻ എക്സ്പീരിയൻസ് പീസ് വിത്ത് ഗോഡ് എന്നെ ശക്തനാക്കുന്നവർ മുഖാന്തരം എനിക്ക് ഹൃദയത്തിൽ സമാധാനം ഏത് സാഹചര്യത്തിലും എനിക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയും എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഐ ക്യാൻ എക്സ്പീരിയൻസ് വിക്ടറി ഇൻ മൈ തോട്ട് ലൈഫ് എന്നെ ചിന്താമണ്ഡലത്തിൽ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് ജയത്തോടെ ജീവിക്കുവാനായിട്ട് കഴിയും എനിക്ക് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഐ ക്യാൻ ലിവ് വിത്ത് കണ്ടന്റ്മെൻറ്റ് തൃപ്തിയോടെ എൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ എൻ്റെ ഇല്ലായ്മകളിൽ എൻ്റെ ഉള്ളായ്മയിൽ എൻ്റെ എല്ലാ സാഹചര്യത്തിൻ്റെ മധ്യത്തിലും എനിക്ക് തൃപ്തിയോടെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് ജീവിക്കുവാനായിട്ട് കഴിയും എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഐ ക്യാൻ ട്രസ്റ്റ് ഹിം ഫോർ ഓൾ മൈ നീഡ്സ് എൻ്റെ എല്ലാ ആവശ്യങ്ങളുടെ മധ്യത്തിലും എനിക്ക് അവിടുന്ന് ആശ്രയിക്കുവാൻ അവിടുന്ന് മതിയായവനാണ് അവിടെ എനിക്ക് അവിടെ നിന്ന് എനിക്ക് എല്ലാ സാഹചര്യങ്ങളും മധ്യത്തിൽ എനിക്ക് അവിടുത്തെ മുഖത്തേക്ക് നോക്കുവാൻ അങ്ങ് ദൈവം മതിയായവനാണ് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഒരുപക്ഷെ ഞാനിപ്പോൾ ചിന്തിക്കുന്നു എൻ്റെ ജീവിതം അത് അപ്രസക്തമാണ് അങ്ങനെയല്ല പ്രിയ സഹോദര പ്രിയ സഹോദരി നിന്റെ ജീവിതത്തിനും കുറിച്ച് ദൈവത്തിൻ്റെ ഒരു ഉദ്ദേശമുണ്ട് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം നിങ്ങളെ ശക്തനാക്കുന്നവൻ മുഖാന്തരം നിങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തരുവാനായിട്ട് കഴിയും മറ്റുള്ളവർക്ക് ഒരു മാതൃകയായി തരുവാനായിട്ട് നിങ്ങൾക്ക് കഴിയും നമുക്ക് അപ്രകാരം ദൈവത്തിൽ വിശ്വസിക്കുവാൻ കഴിയുമോ ദൈവത്തിൽ ആശ്രയിക്കുവാൻ കഴിയുമോ പൗലോസിൻ്റെ ഈ ജീവിതം പൗലോസിൻ്റെ ഈ മാതൃക പൗലോസിൻ്റെ കാരാഗ്രഹത്തിലെ ഈ ലേഖനം നമുക്ക് ഒരു വെല്ലുവിളിയായി തീരട്ടെ നമുക്ക് ആ രീതിയിൽ മറ്റ് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ദൈവ വചനത്തിൽ എഴുതിയിരിക്കുന്ന സത്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമായി അത് നമുക്ക് ജീവനും മറ്റുള്ളവർക്ക് വെളിച്ചവുമായി മാറുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും നമുക്ക് സഹായിക്കട്ടെ നമുക്ക് ഒരു പാട്ടിൻ്റെ ഏതെങ്കിലും പാട്ടിൻ്റെ ചില വരികൾ നമുക്ക് പാടിയ തുടർന്ന് നമ്മുടെ മറ്റ് പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാർക്ക് നിങ്ങൾക്ക് പങ്കുവയ്ക്കുവാനായിട്ട് സമയം ഉപയോഗിക്കാമല്ലോ താങ്ക്